വരികന്റെ പൊന്നനുജത്തി തറവാട്ടിലൊരോണം കാണാൻ വരികൻ്റെ പൊന്നനുജത്തി തറവാട്ടിലൊരോണം കാണാൻ ഒരുമിച്ചു കളിച്ചു വളർന്നു കരളിംഗലൊരേ ചു കളിച്ചു വളർന്നു കരളിംഗലൊരേ നനവാർന്നു പെരിയാതൊരുനേരഭൂമീ നാം ഒരുമിച്ചു ഭൂജിച്ചു ചയിച്ചു പിരിയാതൊരുനേരഭൂമീ നാം ഒരുമിച്ചു ഭൂജിച്ചു വയൽവേലകൾ ചെയ്തു തളന്നു വിള കൊയ് തറയൊക്കെ നിറഞ്ഞു വയൽ വേല ക ചെയ്തു തളന്നു വിളകൊയ് തറയൊക്കെ നിറഞ്ഞു പുരി കൂന്തലോ തൂക്കിയതിങ്കൽ കറുകപ്പുതുമാലയണിഞ്ഞു പുരി കൂന്തലോ തൂക്കിയതിങ്കൽ മയിലാഞ്ചി അണിഞ്ഞ കരത്തിൽ മണിക്കങ്കണജാലമണിഞ്ഞു മയിലാഞ്ചിയണിഞ്ഞ കരത്തിൽ മണിക്കങ്കണജാലമണിഞ്ഞു കുലമംഗകളൊത്തുനിരന്നു തിരുവാതിരകേളി കുലമംഗകളൊ ിരന്നു തിരുവാതിരകേളി തുടന്നു മികവേറിയൊരോണപ്പാട്ടിൻ പുതുശീലുകൾ ഞാൻ പാടുമ്പോൾ മികവേറിയൊരോണപ്പാട്ടിൻ പുതുശീലുകൾ ഞാൻ പാടുമ്പോൾ പുകൾ പെ ഒറ്റ വടക്കൻ പാട്ടിൻ ശ്രുതിമോഹന മഞ്ജുളരാകും പുകഴ്പെറ്റവടക്കൻ പാട്ടിൻ ശ്രുതിമോഹന മഞ്ചുളരാകും മണി വീണയിലെന്ന കണക്കേ മമസോദരി നീട്ടിപ്പാടും മണിവീണയിലെന്ന കണ കേ ോദരി നീട്ടിപ്പാടും അതു മട്ടുകഴിഞ്ഞൊരു കാലം അനുജത്തി മറന്നു കഴിഞ്ഞോൺ അതു മട്ടുകഴിഞ്ഞൊരു കാലം അനുജത്തി മറന്നു കഴിഞ്ഞോൺ പരദാസ്യം പേറിയ കന്നു പരമാർത്ഥമൊക്കെ മറന്നു പരദാസ്യം പേറിയ കന്നു പരമാർത്ഥമൊക്കെ മറന്നു സ്വജനത്തിൽ കൂറു വെടിഞ്ഞു സ്ഥിതിയാക്കെ മാറി സ്വജനത്തിൽ കൂറുവെടിഞ്ഞു സ്ഥിതിയാകെ മാറി മറിഞ്ഞു മതമത്തവിലാസിനിയായി മതിരാശിക്കാരനുമായി മതമത്തവിലാസിനിയായി മതിരാശിക്കാരനുമായി വിരവോടി മണ്ണു മറന്നു വിഹരിച്ചു നീയൊരു കാലം വിരവോടി മണ്ണു മറന്നു വിഹരിച്ചു നീയൊരു കാലം അണിയാനുമാടവിടത്തി തന തന്ന ചുവടുകൾ നീക്കി അണിയാനുമാടവിട ീ തന തന്ന ചുവടുകൾ നീക്കി ചിരി നീർത്തി പല്ലുകൾ കാട്ടീ പുരി കങ്ങളിൽ വില്ലുവളച്ചും ചിരി നീർത്തി പല്ലുകൾ കാട്ടീ പുരി കങ്ങളിൽ വില്ലുവളച്ചും അനവദ്യം പെട്ടി പാട്ടിൻ തൊനമ പ്പീച്ചുരിയാടാനും അനവദ്യം പെട്ടി പാട്ടിൻ സ്വനമപ്പീച്ചുരിയാടാനും പ്രപവിട്ടു നീ തുനിയും ബോ പ്രഭകെട്ടു നമ്മുടെ ഗേഹം പ്രഭവിട്ടു നീ തുനിയുമ്പോ ൂ നമ്മുടെ ഗേഹം പശിമൂത്ത പിഞ്ചുകിടാങ്ങൾ കശനം കാട്ടുകിഴങ്ങായി പശിമൂത്ത പിഞ്ചുകിടാങ്ങൾ കശനം ഹാ കാട്ടുകിഴങ്ങായി ഒരു ചേട്ടൻ പട്ടാളത്തിൽ കുടിപാർപ്പായ് നാടുവെടിഞ്ഞു ഒരു ചേട്ടൻ പട്ടാളത്തിൽ കുടി പാർപ്പായ് നാടുവെടിഞ്ഞു അപരനുകുടിക്കാനുള്ള വക പോരാതലയുകയായി അപരന്നുകുടിക്കാനുള്ള വക പോരാതലയുകയായി ഒരു കണ്ടംഭൂമിയിൽ നിന്നും കൊഴുകുത്തും കെട്ട്മാവൻ ഒരു കണ്ടം ഭൂമിയിലെന്നും കൊഴുകുത്തും കെട്ടമ്മാവൻ അതിനുള്ളൊരു പാട്ടം തീർത്താൽ പതിരും പിന്നുണ്ണാനില്ല അതിനുള്ളൊരു പാട്ടം തീർത്താൽ പതിരും പിന്നുണ് പകമൂത്തോ ഭാഗം വച്ചു പശിയാറ്റാനും വിഷമിച്ചു പകമൂത്തോ ഭാഗം വച്ചു പശിയാറ്റാനും വിഷമിച്ചു പരദേശിക്കെല്ലാം കൂടി പണയച്ചാർത്തൊന്നെഴുതിച്ചു പരദേശിക്കെല്ലാം കൂടി പണയച്ചാർത്തൊന്നെഴുതിച്ചു അവനോഹ നമ്മുടെ നാട്ടിൽ പവനല്ലോ കൊയ്തതു പിന്നെ അവനോഹ നമ്മുടെ നാട്ടിൽ പവനല്ലോ കൊയ്തതു പിന്നെ തറവാട്ടിൻ കാരണവന്മാർ അതിനുറ്റൊരുതെല്ലാളന്മാർ തറവാട്ടിൻ കാരണവന്മാർ അറിയുന്നോ പൊന്നനുജത്തി അവമാനഭാരമിതെല്ലാം അറിയുന്നോ പൊന്നനുജത്തി പുലരിപ്പൊന്മോചനഗാനം പുതുനാടുകൾ ഉൽഘോഷിക്കെ പുലരിപ്പൊന്മോചനഗാനം പുതുനാടുകൾ ഘോഷിക്കെ വിധിയെന്നൊരു പല്ലവിപാടി ഗതി കെട്ടുവസിക്കുകയോ നാം വിധിയെന്നൊരു പല്ലവിപാടി ഗതി കെട്ടു വസിക്കുകയോ നാം വരികന്റെ പൊന്നനുജത്തി തറവാട്ടിലൊരോണം കാണാൻ വരികൻ്റെ പൊന്നനുജത്തി കാണാൻ വരികൻ്റെ പൊന്നനു ീ തറവാട്ടിലൊരോണം കാണാൻ വരികൻ